അങ്ങനെ അദ്ദേഹം നഗരത്തിൽ ഭയത്തോടെ കാത്തിരുന്നു അന്ന് സഹായം തേടിയ വ്യക്തി വീണ്ടും സഹായത്തിനായി നിലവിളിച്ചു മൂസ അലിഹിസ്ലാം അദ്ദേഹത്തോട് പറഞ്ഞു തീർച്ചയായും നീ വ്യക്തമായ ഒരു വഞ്ചകനാണ്